കഥാപാത്രങ്ങൾക്ക് ശബ്ദം പകർന്നവർ സുധി കല്യാശ്ശേരി രാധൻ കണ്ണപുരം ബാലകൃഷ്ണൻ പാപ്പിനിശ്ശേരി കെ രാമചന്ദ്രൻ പ്രഭൻ പൊടികൊണ്ടൻ ഷജിൽ കുമാർ ചെക്കിക്കുളം സുനിൽ കാവുംഭാഗം ബാലമുരളി ചിറക്കൽ രചിത മധു വിനീത സുമ സംവിധാനം പി വി പ്രശാന്ത് കുമാർ ഉറവകൾ വറ്റുന്നു ഹലോ കാത്തിയേ ഗുഡ് മോർണിംഗ് എന്ന് ഞാൻ പറയാത്തത് പാതി രാത്രിയായതുകൊണ്ടാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളാണ് കാത്തി വിധി പറഞ്ഞ നാൾ ഒരുപാട് പുസ്തകങ്ങൾ ജയിൽ ലൈബ്രറിയിൽ നിന്ന് ഞാൻ എടുത്തു വന്നിട്ടുണ്ട് ഇല്ലേ അതിലേറെയും ചരിത്ര പുസ്തകങ്ങൾ അവയൊക്കെ ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള താങ്കളുടെ യാത്ര പോലെ പെട്ടെന്ന് വായിച്ചു തീർത്തു ഇപ്പോൾ രണ്ടാഴ്ച കാലമായി ഖുറാൻ ഗ്രന്ഥം ഞാൻ താങ്കൾക്ക് നിങ്ങൾ ആ ഗ്രന്ഥത്തിലൂടെ ഉദയാസ്തമനം പോലെ സ്റ്റോപ്പില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ ഗ്രന്ഥത്തിൽ നിന്നും ശ്രദ്ധ മാറ്റുന്നില്ലല്ലോ ഒന്ന് തലമൊക്കെ നോക്കൂ നിങ്ങൾ എന്റെ മുഖത്തേക്ക് നോക്കിയല്ലോ സന്തോഷമായി സാർ പറഞ്ഞതൊക്കെയും ഞാൻ കേട്ടു പക്ഷെ ഖുറാനിലെ ഓരോ സൂറത്തും അതായത് അധ്യായം പൂർത്തിയാക്കാതെ ഞാൻ ആരോടും സംസാരിക്കാറില്ല എനിക്ക് കാത്തിബ് എന്ന പേര് വീണത് കിത്താബ് എഴുതിയതുകൊണ്ടാണ് ഒരുപാട് കിതാബുകൾ ഞാൻ പകർത്തിയെഴുതിയിട്ടുണ്ട് ഖുർആൻ മുഴുവനും മനഃപാഠവുമാണ് പക്ഷേ ഹീതിന്റെ മേൽപ്പരപ്പിലൂടെ മാത്രമേ ഞാൻ സഞ്ചരിച്ചിട്ടുള്ളൂ ആഴങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല പോയിരുന്നെങ്കിൽ ചില കാഴ്ചകൾ നമ്മെ കള്ളം പഠിപ്പിക്കുന്നു നമ്മെ വിശ്വസിപ്പിക്കുന്നു ചോദിച്ചോട്ടെ സാർ എന്റെ വധ ദിവസം തീരുമാനിച്ചല്ലേ അതാണോ പതിവില്ലാതെ ഈ അസമയത്ത് എന്നെ കാണാൻ വന്നത് കോടതിയുടെ അനുവാദത്തോടെ എന്റെ കണ്ണുകളും വൃക്കകളും കരളും ഹൃദയവും ദാനം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചല്ലോ ഇനി ദാനം ചെയ്യാൻ എന്റെ ശ്വാസം മാത്രമേ ഉള്ളൂ അതിനെ ആയിരിക്കും തൂക്കിലേറ്റുകോദിക്കട്ടെ താങ്കളുടെ അവസാനത്തെ ആഗ്രഹങ്ങൾ ഒന്ന് പറയാമോ താങ്കളുടെ തിളക്കമുള്ള ഇങ്ങനെ പറഞ്ഞാൽ പോരാ തീക്ഷണമായ കണ്ണുകൾ ഒരു സന്യാസിക്കും മറ്റൊന്ന് ഒരു യാചകനും നൽകും താങ്കളുടെ വൃക്കകൾ രണ്ട് ആദിവാസികൾക്കും ഹൃദയം ഗുജറാത്തിൽ ഒരു മിൽ തൊഴിലാളിക്കും നൽകും സന്തോഷായി സാർ മണ്ണരുകൾ ഭക്ഷിക്കേണ്ട അവയവങ്ങൾ മറ്റൊരാളിൽ കൂടി ഇനിയും തുടിക്കുമയോ ആ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല പറയണം എന്റെ ഉപ്പച്ചിയെയും ഉമ്മച്ചിയെയും ഒരു നോക്ക് കാണണം ആ കാലുകളിൽ കെട്ടിപ്പിടിച്ച് എനിക്ക് പൊട്ടിക്കരയണം കാത്തി ൾ കഴിയുന്നത് ഞാൻ ആദ്യമായാണ് കേൾക്കുന്നത് ഞാനിപ്പോൾ ഒരു ജയിൽ സൂപ്രണ്ട് കൂടപ്പിറന്ന ഒരു സഹോദരനാണെന്ന് കരുതുക കാത്തിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു ുറത്താണല്ലോ ഇടിയും മഴയും മഴ പോലും താങ്ങാൻ കരുത്തില്ലാത്ത ചെറ്റപ്പൊരയാണല്ലോ റബ്ബേ സാറാബി സാറാബി എന്തേനു കൊട്ടും കൊലവിയും തുടങ്ങിയല്ലോ ഇന്നലെ നിങ്ങള് പറഞ്ഞില്ലേ പെരക്കാത്ത കടന്ന ആകാശത്തിലെ നക്ഷത്രങ്ങളെ മുയിമ കാണാന്ന് കാണാ മഴവെള്ളം ഒരു തുള്ളി പോലും പുറത്തേക്ക് പോവൂല്ല പേരുകേട്ട തറവാട്ടിലെ ആളെമ്പാടുണ്ടെങ്കിലും ഈ ഒരു കുഴപ്പമില്ലേരും ഞമ്മക്കാവശ്യമുള്ളത് വെച്ച് വിളമ്പി തിന്ന ഞാനായിട്ട് ചെറ്റകെട്ടി മാറി താമസിച്ചതൊന്നും അല്ലല്ലോ വലിയ തറവാട്ടിലും ബഹളത്തിലുള്ള അഹങ്കാരത്തിനിടയിലും കാത്തീബിന്റെ പഠനം നടക്കൂലെന്ന് തോന്നിയപ്പോഴാ ഈ ചെറ്റപ്പൊരയെ കുറിച്ച് അത് മോശമായി നിളും നിരീക്ഷിക്കുന്നില്ല നമ്മക്ക് ഈ ചെറ്റപ്പൊര ഇല്ലേ സ്വന്തായിട്ട് നമ്മളെ നാട്ടിലെ എമ്പത് ശതമാനം പേർക്കും പുറംപോക്കാ പൊരാ ജീവിക്കുന്നില്ലേ വലുതായി ചിന്തിക്കുമ്പോളെ വിഷമമുള്ളൂ എത്രത്തോളം സഹിക്കുന്നു കാർത്തിവ് പള്ളി പോയാ ബാങ്ക് കഴിഞ്ഞല്ലാ ഓന ഇന്ന് ബാങ്ക് പിടിച്ച ഇന്നലെ ഇഷ കഴിഞ്ഞ് ഓൻ ഇങ്ങോട്ട് വന്നിട്ടില്ല ഓൻ ഓൻ പള്ളി കിടക്കുന്ന പറഞ്ഞ് സാറാബി ൊന്നുംളിപ്പിക്കാനില്ലല്ലാണ്ട് പോല്ലാജലാനി പേരും പെരുമില്ല ആളാ ഒപ്പം പഠിച്ചോരും പഠിപ്പിച്ചോരും മണിമാളികയില് പാർക്കുന്നു പൂതിയുള്ള കഴിക്കുന്നു മില്ലാജലാനി എങ്ങനെയാ കഴിഞ്ഞുകൂടുന്നെന്ന് എല്ലോരും ചോയിക്കുന്നുണ്ടിയുന്നുണ്ടാ ബുലൂക്ക് തേങ്ങ മൂന്ന് പെണ്ണാ ഈ പെരക്കാത്തുള്ള ഒന്നിനെങ്കിലും കട്ടിച്ചേക്കാൻ നമുക്ക് കഴിഞ്ഞാ അവരെങ്ങാനും വേണ്ട അതിനും കാണിച്ച നിങ്ങളുടെ പേരും പെരുമയും എന്താവും നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങക്ക് അറിയാത്തോണ്ടല്ല ഞമ്മള് പറയുന്നത് ഇതൊക്കെ ഇന്നലെ രാത്രി കാത്തിന്റെ മുമ്പില് ഒരു ഉത്തരവും പറയാൻ ഞമ്മക്ക് കഴിഞ്ഞിട്ടില്ല സ്വന്തമായി കിത്താബ് എഴുതി നാട് ചുറ്റി ബുക്കാന്നും പറഞ്ഞ പോയത് എന്തീ പറയുന്നു പ്പുകാരനാണെങ്കില് കഷ്ടപ്പെടൂല നേരിട്ടല്ലെങ്കിലും കൽബുണ്ട് ഓനെ ഒന്നും അനുഗ്രഹിക്കണം അത് കിട്ടാത്തൊരു കുറവുണ്ട് ഉപ്പയനുസരിക്കാത്തവനൊന്നും അല്ല ജമോൻ ആ ും വസ്സലാം അസ്സലാം വലൈക്കും വസ്സലാം കാത്തിവിടെ നിക്കി ചോയിക്കട്ടെ ഈ പള്ളിയിലെ മുക്രി ആരാ സുലൈമാൻ ഉസ്താദ് അതാരാ ഹിങ്ങൾ തന്നെ അപ്പോ ഇനക്ക് അത് തിരിച്ചറിയല്ലേ നമ്മുടെ ഉസ്താദാണ് എന്റെ ഉപ്പച്ചി മുല്ലാജിലാന് അറിവ് കൂടിയപ്പോ അല്പം തലതിരിഞ്ഞുപോയി അതുകൊണ്ട് ഇസ്ലാം കൽപ്പിക്കുന്ന പലതും ചെയ്യാതായി നിസ്കാടില്ല നോമ്പില്ല ദുഹയില്ല അങ്ങനൊന്നുമില്ല ഏത് നേരവും ചിന്ത അതൊക്കെ പോട്ടെ എന്റെ കാര്യം പറ ഉപ്പച്ചിയെയും ഉമ്മച്ചിയെയും പിരിഞ്ഞ് ഞാൻ ഇന്നേവരെ ഒരിടത്തും പോയിട്ടില്ല ഉപ്പച്ചിന്റെ അവസ്ഥ ഉസ്താദ് പറഞ്ഞതുപോലെ ദുനിയാവിൽ നിന്ന് എത്രയോ ദൂരത്താണ് എന്റെ മുന്നിൽ ദുനിയാവ് വലിയൊരു പ്രശ്നമാണ് കുടുംബം അവരെയൊന്ന് കരക്കടുപ്പിക്കണം ഞാൻ നാടുവിടാൻ തീരുമാനിച്ചു അറിയില്ല ചിലപ്പോ മറ്റുള്ളവർ യാത്ര ചെയ്ത വഴിയിലൂടെ അല്ലെങ്കിൽ പൊതുവഴി ഞാൻ കണ്ടെത്തും എന്തുണ്ട് എന്റെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അതുകൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് എനിക്കറിയാം എങ്കിലും ഒരു കരുതിയിരിപ്പ് പിന്നെ ഖുറാൻ പകർത്തി എഴുതാനുള്ള കഴിവ് അതുമല്ലെങ്കിൽ വിയർക്കാനുള്ള തയ്യാറെടുപ്പ് എന്തായാലും കുടുംബത്തെ രക്ഷിച്ചേ പറ്റൂ ആരാ ഇങ്ങോട്ട് വരണേ അതും വടിയും കുത്തിപ്പിടിച്ച് അന്റെ ഉപ്പച്ചല്ലേ ആണ് ആണ് അന്റെ ഉപ്പച്ചാ ആ ഇപ്പോ ലക്ഷ്യം വെച്ചാ ഓ ഉസ്താദു ഇവന്റെ കൂട്ടനുണ്ടല്ലോ നന്നായി കാണാൻ കഴിയില്ല എന്നാ ഭാഗ്യം ഉപ്പച്ചി പോണേനു മുമ്പ് ഒന്ന് കാണുന്ന പോതിയുണ്ടായി കണ്ടൂരോ അത് മതി കാർത്തിപേ മോനെ എന്റെ ഉമ്മച്ചിയുടെ തറവാട് വലിയ തറവാടാ പുതിയോട്ടത്തില്ലം കാണാ ദൂരത്തോളം സ്വത്തുക്കൾ ഉണ്ടായിരുന്നു ആനയും സർവവും എല്ലാം പോയി കുടുംബക്കാരെ തമ്മിൽ കലഹം കൂടിയപ്പോ ഒരു ചെറിയ ഓലപ്പൊരയിലേക്ക് നിങ്ങളെയും കൂട്ടി പോകുന്നു എന്റെ ഉമ്മയെ നിക്കാഹ് കഴിക്കുമ്പോ എന്റെ കുറച്ച് കിത്താബുകൾ മാത്രമേ ഉണ്ടായുള്ളൂ അതാ എന്റെ ഉമ്മച്ചിക്ക് ഞാൻ മാറായി കൊടുത്തത് എന്റെ അത് സന്തോഷത്തോടെ പൊരുത്തപ്പെട്ടു സ്വീകരിച്ചു മക്കൾക്കും ഞാൻ നൽകിയത് അറിവ മറ്റൊന്നും എന്റെ കയ്യിലില്ല പോണേലും പോ പക്ഷേ പിറന്ന മണ്ണും അതിനോടുള്ള കൂറും എവിടെയും കളഞ്ഞു പോവരുത് നിന്റെ ഉമ്മച്ചക്കും പെങ്ങന്മാർക്കും നിന്റെ യാത്ര കൊണ്ട് പ്രയോജനം ഉണ്ടാവില് ഉപ്പ ഉപ്പക്കത് സന്തോഷമല്ലേ ഉള്ളു പോനെ ഉപ്പച്ചി മതി എനിക്ക് സന്തോഷായി നമ്മുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും തീരും എന്നാ എന്റെ വിശ്വാസം ഉപ്പച്ചി എന്റെ തലയിലെ തൊട്ട് പൊരുത്തം അതാണ് എന്റെ ശക്തിയും ധൈര്യവും നിനക്ക് തരാൻ ഉപ്പാന്റെ കയ്യിൽ പണമായിട്ടൊന്നുമില്ല പക്ഷെ ഉപ്പയൊന്നും കൂടെ കൊണ്ടുനടക്കുന്ന പൂർവികരാൽ എഴുതപ്പെട്ട ഈ പരിശുദ്ധ ഖുറാൻ എന്റെ മോന്റെ കയ്യിൽ വെച്ചോളൂ ഒരു ധൈര്യത്തിന് ചോദിച്ചത് കേട്ടില്ലേ ടിക്കറ്റ് സാർ ടിക്കറ്റ് എടുത്തിട്ടില്ല അവിടുന്ന് എഴുന്നേൽക്കണം ആ ടോയ്ലറ്റിന്റെ അടുക്കൽ പോയി നിൽക്ക് ഞാനേ ഞാൻ അങ്ങോട്ട് വരാം ഇയാൾ എവിടുന്നാ കയറിയത് ചെറുവത്തൂരിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം എന്നറിയില്ലായിരുന്നു അറിയാം സാർ പിന്നെ എടുക്കാതിരുന്നത് പണൂല്ലായിരുന്നു സാർ ഇത് ഇത് പതിവുള്ള ഉത്തരം കാണാൻ നല്ല മനുഷ്യനാണല്ലോ കള്ളവണ്ടി കയറുന്നവൻ യാത്രക്കാരുടെ സാധനങ്ങൾ മോഷ്ടിക്കുകയും ചെയ്യും വല്ലത് എടുത്തിട്ടുണ്ടോടാ ഇല്ല സാർ ഞാൻ അത്തരക്കാരനല്ല പിഴ അഞ്ഞൂറ് രൂപ മംഗലാപുരത്തു നിന്നും ഷോർണൂർ വരെയുള്ള ടിക്കറ്റ് ചാർജ് പണമെടുത്തേ സാർ സത്യമായും എന്റെ കയ്യിൽ കാശില്ല സാർ പിന്നെ തോളിട്ട സഞ്ജീൽ എന്താടാ അത് പറയണം അധികം പറയിപ്പിക്കാതെ പണെടുക്കട അല്ല സാർ ഞാൻ അടുത്ത സ്റ്റേഷൻ ഇറങ്ങിക്കൊള്ളാം നിങ്ങൾ ഇറങ്ങണ്ട പോലീസ് വന്ന് ഇറക്കിക്കൊള്ളും ഓരോ ശല്യങ്ങള് തറവാട്ട് വണ്ടിയാണെന്നാ വിചാരം യൂസ്ലെസ് ഏ കൈയിൽ കാശുണ്ടെങ്കിൽ അത് കൊടുത്തു ഒഴിവാക്കുക അയ്യോ ഞാൻ കളവ് പറയാറില്ല സ്വാമി പിന്നെ തോൽസഞ്ചിയിൽ എന്താണെന്ന് ചോദിച്ചപ്പോ എന്താ ഉമ്മുണ്ടാതിരുന്നേ സ്വാമി സഞ്ചിയിലുള്ളത് അദ്ദേഹത്തിന് ആവശ്യം വരില്ല ടിക്കറ്റിന് പകരമാവുകയുമില്ല ഇതൊരു ഗ്രന്ഥമാണ് ഇദ്ദേഹം എത്ര കാശെടുക്കണം എണ്ണൂറ് രൂപയോളം വരും നിങ്ങളാരാ ഞാനോ ഞാൻ ആ ഞാനൊരു മനുഷ്യൻ സാറിന് പണം മതിയല്ലോ അല്ലേ ഞാൻ തരാം അറുപത്തരം ഇരുപത്തിയേഴ് മൈതോട്ടി എന്തേ ആ പശുവിന് വെള്ളം കൊടുത്തില്ലേ രണ്ട് കിള കൂടിയുണ്ട് അത് കഴിഞ്ഞ് കൊടുത്തോളാം പിന്നീടു ആവാലോ ദാഹിച്ചല്ലേ പശു കരയുന്നത് രണ്ടു മൂന്ന് ദിവസം ഞാൻ ഒന്ന് അകന്നു നിന്നപ്പോ എന്തെല്ലാം ഏടാകുടങ്ങളാണ് കുടിവെള്ള ക്ഷാമം മൊയ്തുകൂട്ടി കറിയില്ലേ സൂര്യൻ തീതുപ്പുക ഭൂമി ഉണങ്ങി വരണ്ടിരിക്കുന്നു നമ്മുടെ കിണറും കുളവും ഒഴുകിയും മറ്റെല്ലാം വറ്റിയിരിക്കുന്നു ഇതൊക്കെ ഒന്നും മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ടതൊക്കെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് ചെയ്തോടെ നിനക്ക് ഈ വീടും ഇക്കാണോ സ്വത്തും ഒക്കെ മൊയ്തൂട്ടിയ തൽക്കാലം തറവാട്ടിൽ കുറച്ച് നാൾ നിൽക്കണമെന്നുണ്ട് എങ്ങനൊക്കെയാണെന്ന് വെച്ചാ ഇല്ല ഇനി അങ്ങനെയൊന്നും ഉണ്ടാവൂല മഴ വരാൻ നിക്കല്ലേ തൊടിയിൽ ഇത്തിരി പണിയുണ്ടായിരുന്നു ഇതാരു പാറുവോ നീ ഇങ്ങനെ എന്നെ കെട്ടിപ്പിടിക്കാതെ എന്നെ എല്ലാം ഒട്ടിപ്പോ എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടേ ചോദിക്കട്ടെ എന്താ ഒരു മുന്നറിയിപ്പു ഇല്ലാതെ ഇങ്ങോട്ട് പോണത് എന്റെ അച്ഛനെ കാണാൻ മുൻകൂട്ടി വിവരം അറിയിക്കണോ വേണം ഇന്നലെയാണ് നീ ഇവിടെ ഇങ്ങനെ വന്നതെങ്കില് എന്നെ കാണുമായിരുന്നോ ആ അച്ഛൻ എവിടെ പോയിരുന്നു ആ ഇനി അത് പറഞ്ഞിട്ടെന്താ കാര്യം പറയുവ എവിടെ പോയിരുന്നു ഞാനൊന്ന് കൊല്ലൂര് വരെ പോയിരുന്നു അമ്മയെ കണ്ടിട്ട് കൊറച്ച് നാളായല്ലോ ആഹാ എന്നിട്ടെന്താ എന്നെ വിളിച്ചറിയിക്കാതിരുന്നത് പേടിച്ചിട്ടാ ഞാൻ വിളിച്ചു പറഞ്ഞ നീ ഓടി വരൂന്ന് എനിക്ക് നല്ല നിശ്ചയുണ്ട് അങ്ങനെ വരട്ടെ അപ്പൊ എന്നെ അറിയിക്കാതെ അച്ഛൻ എവിടെയും പോവല്ലേ അങ്ങനെ എവിടെയും പോവില്ല മൂകാംബികയിൽ പോകും എന്നെ ഇടിക്കാതെ മിണ്ടൂല അച്ഛനോട് ഞാൻ മിണ്ടില്ല ഇപ്പൊ നിനക്ക് ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു എന്റെ അമ്പതാമത്തെ വയസ്സില്ല നിന്റെ അമ്മ നിന്നെ എനിക്ക് തന്നത് നിനക്ക് രണ്ട് വയസ്സായപ്പോ അവൾ അങ്ങോട്ട് പോയി പിന്നെ അച്ഛനും അമ്മയും കളിക്കൂട്ടുകാരനും ഒക്കെയായി നീ എന്നെ പരിഗണിച്ചു നിനക്ക് രണ്ടു വയസ്സായപ്പോ തുടങ്ങി അച്ഛനോട് ഞാൻ വേണ്ടില്ലെന്ന് പറയാൻ ഇപ്പോഴും അത് തുടരുന്നു വാ അച്ഛന്റെ മോള് അടുത്തേക്ക് വാ ഹാത്രാക്ഷണം മുഖത്ത് നന്നേ കാണുന്നുണ്ട് ഒന്ന് കുളിച്ച് ഫ്രഷായാൽ ഈ ക്ഷീണൊക്കെ അങ്ങോട്ട് പോകും അതിനു മുമ്പായി ഒരു സന്തോഷ വർത്താനം അച്ഛൻ എനിക്ക് പറയാനുണ്ട് എന്താ മോളിയത് ഞാൻ ഞാൻ ഒന്ന് പറയൂട്ടി ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് ട്രാൻസ്ഫർ ആയി നേരോ നേര അവൻ ജീവിച്ചു പോയിക്കോട്ടെ ഞാൻ അവന്റെ വഴക്കു പറയെങ്കിലും നല്ല കൈപ്പുണ്യമുള്ളവനാ എന്റെ എരിവും പുളിയും രുചിയും അവനോളിയുന്നത് നിന്റെ അമ്മക്ക് മാത്രമായിരുന്നു അച്ഛ എന്റെ സന്തോഷ കൊളാക്കല്ലേ കണ്ണൂന്ന് തുടച്ചേ ഇപ്പൊ നല്ല കുട്ടിയായി എന്റെ അച്ഛൻ അതെ ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി വരാം ഓക്കെ തിരുവനിക്കിപ്പ സന്തോഷായില്ലേ ഒന്ന് പോടാ അനുസരണയില്ലാത്തവൻ അതാണോ ആ നീ വിഷമിക്കാതെ വിഷമിക്കാതെ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഏ നിന്നോട് ഞാൻ പറയാൻ വിട്ടുപോയതാ നീ പെട്ടെന്ന് വരൂന്ന് ഞാൻ നിരീച്ചില്ലല്ലോ കുട്ടി അയാളെ കയറ്റി നിന്റെ മുറിയിൽ കിടത്തിയത് ഞാനാ അയാൾ കള്ളനോദമാടി ഒന്നുമല്ല പിന്നെ അത് അത് ഒന്നും പേര് മോളെ ഇതൊന്നും ഞാൻ അയാളോട് ചോദിച്ചില്ല വഴിയിൽ കണ്ടുമുട്ടിയ ഒരു മനുഷ്യൻ ദിവസങ്ങളായി പട്ടിണി കിടന്ന അയാൾക്ക് ഞാൻ വയറ് നിറയെ ഭക്ഷണം വാങ്ങിക്കൊടുത്തു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ക്ഷീണമുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു നീ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നിന്റെ മുറിയിൽ വിശ്രമിക്കാൻ പറഞ്ഞു ആരട്ടെ എല്ലാം നമുക്ക് ചോദിക്കാം ഞാൻ പറയാം പല ഞാൻ ശ്രമിച്ചിരുന്നു എന്നെ പരിചയപ്പെടുത്താൻ പക്ഷേ സാറ് താല്പര്യം കാണിച്ചില്ല വയറിന്റെ കാളലടങ്ങിയപ്പോ തീയിൽ വെള്ളമൊഴിച്ച കൂട്ട് ദേഹമാസകലം പുകഞ്ഞു എന്റെ അസ്വസ്ഥത കണ്ടിട്ടാവണം തിരുമേനി പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതും ഈ വലിയ തറവാട്ടിലെ കാറ്റും വെളിച്ചവും ഏറെയുള്ള ആ മുറിയിൽ എന്നെ വിശ്രമിക്കാൻ അനുവദിച്ചതും എന്റെ പേര് കാത്തി എന്നാണ് എന്താ നിങ്ങളുടെ മുഖങ്ങളിൽ ഭാവപകർച്ച കാണാത്തത് ചെറുതായൊരു ഞെട്ടിൽ ഏ ഞാനൊരു മുസ്ലിമാണ് ഞാൻ കാരണം ഈ വീട് അശുദ്ധമായെങ്കിൽ ഞാനെന്താണ് പ്രതിവിധി ചെയ്യേണ്ടത് നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം ഞാൻ എഴുതും ചിത്രം വരയ്ക്കും എന്റെ പേരിന്റെ അർത്ഥം തന്നെ എഴുത്തുകാരൻ എന്നാണ് ബാബയാണ് എന്നെ അങ്ങനെ വിളിച്ചു തുടങ്ങിയത് സാർ എന്റെ ഷോളാർ ബാഗ് മുറിയിലുണ്ട് ഞാൻ അതെടുത്ത് പോയിക്കോളാം ഒന്നുമില്ല ഞാനാലോചിക്ക പണ്ടൊരിക്കൽ അച്ഛൻ പറഞ്ഞ കാര്യം അറിവിന്റെ ജലാശയത്തിൽ നിന്ന് ഓരോരുത്തർക്കും ആവശ്യമുള്ളത് അത്രയും കോരിയെടുക്കാം ആരും അതിന് തടസ്സല്ല ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയതിൽ ഞാൻ എത്ര ഭാഗ്യവതിയാണ് അയാളോട് പെട്ടെന്ന് പോകേണ്ടതും പറയോ അച്ഛ എന്തിനാ അയാളിങ്ങ് പോട്ടെ നാമുക്കെന്ത് അച്ഛൻ ചില നേരത്ത് വിവരദോഷം കാണിക്കും ആളെ തിരിച്ചറിയാതെ ബന്ധം പുലർത്തും അതിൽപരം വിവരക്കേട് വേറെയുണ്ടോ ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കണമെങ്കിൽ വിശ്രമിക്കാൻ ഇടം കൊടുക്കണമെങ്കിൽ അയാളെ കുറിച്ച് ശരിയാവണ്ണം ഒന്നന്വേഷണം നടത്തേണ്ടതല്ലേ ഞാൻ അത് ചെയ്തില്ല അയാളെ പോയിക്കോട്ടെ അച്ഛ പ്ലീസ് വെരി സോറി ഞാൻ ഒന്നും മനസ്സിലാക്കാതെ കയർത്തുപോയതാ െ ഓകെ ആ ഈ ലോകത്ത് എന്നെ ഏറെ മനസ്സിലാക്കേണ്ടത് എന്റെ മോളാണ് മോളെ മനസ്സിലാക്കേണ്ടത് ഈ അച്ഛനും നമ്മുടെ ഇടയിൽ വേലികളില്ലല്ലോ മോളെ ഉണ്ടോ അച്ഛ ഞാൻ പോട്ടെ ആ അവിടെ നിൽക്കൂ ഇവളുടെ മുറി നിങ്ങൾ അശുദ്ധമാക്കിയെന്ന് ഇവൾ പറയുന്നു അതിന് പ്രായശ്ചിത്തം ചെയ്യാമെന്ന് താങ്കളും പറഞ്ഞുവല്ലോ പറഞ്ഞു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്കാവുന്നതാണെങ്കിൽ എന്തും ചെയ്യാം അച്ഛ മിണ്ടാതിരിക്കുമോളെ ഒരച്ഛന്റെ സ്വാതന്ത്ര്യം എനിക്ക് തരണം കാത്തിബ് നിങ്ങൾ ചിത്രം വരയ്ക്കുമെന്നാണല്ലോ പറഞ്ഞത് അതെ എങ്കിൽ എന്റെ മോളുടെ ഒരു പെയിന്റിങ് വിടെ വെച്ച് ചെയ്യണം സർ ആ മോൾ പോയി ഫ്രഷായിട്ട് കഥയും അവളൊരു പാവമാണ് ഒരച്ഛനും മകളും എന്നതിനപ്പുറം ഞങ്ങള് സുഹൃത്തുക്കളാണ് അവൾ എനിക്ക് നന്നായിട്ടറിയാം ഒന്നോ രണ്ടോ നിമിഷങ്ങൾ കൊണ്ട് ഞാൻ അവളുടെ ഹൃദയം കണ്ടു അതിൽ അവൾ സ്വരൂപിച്ചു വെച്ച കുറെ ശലഭങ്ങൾ ഇനി ചോദിക്കട്ടെ എവിടെയാ നാട് പെരിഞ്ചെല്ലൂർ ഏഹ് പെരിഞ്ചെല്ലൂർ അതെ അവിടെ പുതിയോട്ടില്ലം എന്നൊരു വീടറിയുമോ ഏയ് എന്താ നമ്മാത്തത് എന്താ തിരുമനിക്ക് ആ തറവടറിയോ അറിയോന്നോ പ്രസിദ്ധമല്ലേ മാത്രവുമല്ല ഞാനും ആ കുടുംബവുമായി നല്ല ബന്ധമുണ്ട് എന്താ എന്താ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞത് ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയുമ്പോൾ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു പറയൂ കുട്ടി തിരുമേനി പുതിയോട്ടില്ലത് തന്നെയാണ് ഞാൻ ഏ ബാപ്പയുടെ പേര് മുല്ലാജിലാനി പണ്ഡിതന്റെ മകനാണോ എന്റെ മുമ്പിൽ നിൽക്കുന്നത് അദ്ദേഹം ഒന്നിനും കൊള്ളാത്ത എനിക്ക് ഒരു പിറവി തന്നുകൊണ്ട് ആര് പറഞ്ഞു ഒന്നിനും കൊള്ളാത്തവനെന്ന് ധനമാണോ ഒരാളുടെ അറിവ് നിശ്ചയിക്കുന്നത് കുട്ടിയേ നീ സമ്പന്നനാണ് ഭാഗ്യവാനാണ് മുല്ലാജിലിയുടെ മകനാണെന്ന് പറയുന്നത് തന്നെ അഭിമാനമല്ലേ തീർച്ചയായും പക്ഷേ ഞാൻ ദുഃഖിതനാണ് ബാപ്പയുടെ പാണ്ഡിത്യവും തറവാടിന്റെ കേമത്തരവും ജോലിയില്ലാതെ അലയുന്ന ഒരു തെണ്ടിയാക്കി എന്നെ കുടുംബത്തിന്റെ ദുരവസ്ഥ ഒരു മാറാരോഗിയെപ്പോലെയാക്കി എന്നെ കുടുംബം എനിക്ക് ചുമക്കാൻ പറ്റുന്നതിലും എത്രയോ ഭാരമുള്ളതാണ് എല്ലാറ്റിനും ഒരു വഴിയുണ്ടാവും എനിക്ക് ബാപ്പയെ ഒന്ന് കാണണം എത്രയോ വർഷമായി ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഞാൻ ബാപ്പയെ എങ്ങോട്ട് കൊണ്ടുവരാം ആ കാര്യം നമുക്ക് പിന്നീട് തീരുമാനിക്കാം ബാപ്പയുടെ വിലാസം എനിക്കൊന്ന് വേണം ഞാൻ തരാം ചോദിക്കട്ടെ പെയിന്റിംഗിന് വേണ്ടുന്ന കളേഴ്സ് എന്തൊക്കെ വേണം മുയ്തൗട്ടിയെ തൃശൂർക്ക് അയക്കാം ഒരു ലിസ്റ്റ് അതൊന്നും വേണ്ട പ്രകൃതിയിൽ നിന്ന് തന്നെ ഞാനത് കണ്ടെത്തിക്കൊള്ളാം പരിശുദ്ധമായ ഖുറാൻ എഴുതുന്ന നിറക്കൂട്ടിൽ നിന്ന് തന്നെ ഞാനത് എടുക്കും ഒരിക്കലും മങ്ങിപ്പോകാത്ത ഒരു ചിത്രമായിരിക്കണം പാർവിൻ്റെ നിന്നെ കണ്ടുമുട്ടിയത് എന്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു ഇതിന്റെ പിന്നിൽ ഏത് ശക്തിയാണ് പ്രവർത്തിച്ചതെന്ന് അറിയില്ല എല്ലാം നന്നായി ഒന്ന് ചോദിക്കട്ടെ ീ ബാഗ് ഷോളറിൽ തന്നെ തൂക്കണമെന്നുണ്ടോ ഒരുപാട് ഭാരമുണ്ടെന്നല്ലേ പറഞ്ഞത് ഇത്തിരി താഴെ ഇറക്കി വെച്ചാൽ നല്ലതല്ലേ തൊടിയിൽ പടവുകൾ കിട്ടിയ നല്ലൊരു കുളമുണ്ട് ശുദ്ധമായ വെള്ളം അതിന്റെ തണുപ്പ് നിലനിർത്താൻ നിറയെ താമര ഒന്ന് മുങ്ങിക്കുളിച്ചാൽ നഷ്ടപ്പെട്ട ഉണർവ് തിരിച്ചു കിട്ടും ഞാനും കൂടെ വരാം മാറ്റി കൊടുക്കാൻ വസ്ത്രമുണ്ടോ ബാഗിൽ ഉണ്ട് പക്ഷെ മുഷിഞ്ഞതാണ് നിറം വെപ്പിക്കാവുന്നതല്ലേ ഉള്ളു ഞാൻ കാഷായ വസ്ത്രത്തിനുള്ളിൽ കയറുന്നതിനു മുമ്പ് സിൽക്ക് ജുബയും പുളിയിലക്കരമുണ്ടുമാണ് ധരിച്ചത് അവയൊക്കെ പാറു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആർക്കും ഇതേവരെ കൊടുത്തിട്ടില്ല ഒരുപക്ഷെ അവൾ നിങ്ങൾക്കായി ഒരു മനസ്സിലാണല്ലോ നമ്മൾ എല്ലാവരും തിരുവേനി ഇത്തരം കുളങ്ങൾ ഇപ്പോഴെവിടെയും കാണാനില്ല കുട്ടിക്കാലത്ത് വീടിന്റെ പിന്നാമ്പുറത്തുണ്ടായിരുന്നു അവിടുന്നാ നീന്തൽ പഠിക്കാൻ ശ്രമിച്ചത് പക്ഷേ എത്ര പണിപ്പെട്ടിട്ടും നീന്തൽ പഠിച്ചില്ല അതൊരു കുറവായിട്ട് എല്ലാവരും കണ്ടിരുന്നു പരിഹസിച്ചിരുന്നു ഇപ്പോൾ കുളങ്ങളൊക്കെ മണ്ണിട്ട് മൂടി പുതിയോട്ടില്ലത്തിന്റെ ഇപ്പോഴത്തെ അവകാശികൾ മൂവായിരം പേരാ പല ദിക്കുകളിലായി കഴിവുള്ളവരൊക്കെ അങ്ങനെ രക്ഷപ്പെട്ടു കാത്തിബേ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട് പാക്കേജ് എങ്ങോട്ട ഭാരതത്തിന്റെ ഹൃദയത്തിലൂടെ പ്രായമായില്ലേ തീർത്ഥാടനം നല്ലതാണ് നിർബന്ധം അവളും വരുന്നോന്ന് വരട്ടെ എന്ന് ഞാനും കരുതി പുറവ പറ്റുന്നു പച്ചപ്പില്ലാതാകുന്നു മനുഷ്യ മനസ്സ് ഇപ്പൊ മരുഭൂമി പോലെയാണ് ശരിയാ മറ്റാരൊക്കെ ഉണ്ട് കൂടെ പത്തൊമ്പത് പേരുണ്ടാകുമെന്നാ ട്രാവൽ ഏജൻസി പറഞ്ഞത് പണ്ട് ഇതുപോലൊരു ചെറിയ യാത്ര ചെയ്തിരുന്നു അന്ന് പാറു ജനിച്ചിട്ടില്ല യശോദയുണ്ടായിരുന്നു പാറുവിന്റെ അമ്മയെന്താ ചെയ്യ അല്ല നിങ്ങൾ ഇങ്ങനെ ഈ പൊട്ടി പൊളിച്ച ചാരുവശിച്ച് ഇരുന്ന മതിയെ മൂത്ത മോള ഓരോ പേരും അറിയാത്തവന്റെ കൂടെ ഓടി പോയിരിക്കണത് എന്റെ ഇതൊന്നും താങ്ങാനുള്ള കൻപുറപ്പ് ഞമ്മക്ക് ഇല്ലല്ലാന്റെ പഠിച്ച നിങ്ങൾ അതിനും ഞമ്മളെന്താ ചെയ്യണ്ടി രണ്ടെണ്ണം കൂടി ഞമ്മളാത്ത് പുലൂക്ക് തേച്ച് നിൽക്കണുണ്ട് ഓരോ കണ്ടു കൂടെ ഒഴിച്ചോടി പോവൂലെന്ന് എന്താ ഇത്ര ഉറപ്പ് ണെങ്കിലും ഒന്നുമില്ല നീ ഭാഗ്യവതിയാടോ കരയാനെങ്കിലും നിനക്ക് കഴിയുന്നുണ്ടല്ലോ എനക്ക് അതുപോലും കഴിയുന്നില്ല മഹല്ലുകാരിന്നലൊരുപാട് വഴക്ക് പറഞ്ഞു പെൺകുട്ടികളെ സമയാസമയം കെട്ടിച്ചില്ലെങ്കിൽ കയറ് പൊട്ടിച്ചോടുന്ന പയ്യന്റെ അത് കേട്ടപ്പോ ചിരിയാവുന്നത് ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം എല്ലാം സഹിക്കാനുള്ള കരുത്തോ നേടും ഞാൻ ഒരു ഉറുമ്പിനെയോ ഒരു ചെടിയെയോ ഒരു പൂവിനെയോ എന്തിനധികം പറയുന്നു ഭൂമിയെ പോലും നോവിക്കാതെയല്ലേ ഞാൻ നടക്കാറ് പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്ത് പോവുക ഒരു ചായ കൊടുക്കാൻ പോലും ഇവിടെ ഒന്നും ഇല്ലല്ല എല്ലാ കാര്യങ്ങളും അങ്ങോർക്കും അറിയാം അസ്സാം വലൈക്കും വാലേക്കു സ്ലാം മഹലുകാർക്ക് ഹാലിളക്കു തുടങ്ങിയിരിക്കണ് ഒരന്യ മതസ്ഥ കൂടെയാണല്ലോ സുഖര പോയത് അത് ഇസ്ലാമികളുടെ മുഖത്ത് കരിവാരി തേക്കലായി പോയിന്ന് അതിശക്തമായ കടൽതിരകളെ തടഞ്ഞു നിർത്താൻ കരിങ്കല്ലുകൊണ്ട് കടൽഭിത്തികൾ കെട്ടാറുണ്ടല്ലോ അത്തരം സ്ഥലങ്ങളിൽ കടലാഴം കൂടും കാരണം തിരകളുടെ പ്രതിഷേധം അത്രയും ഭയാനകമാണ് മനുഷ്യ മനസ്സും വികാരങ്ങളും തിരമാലകളോട് ഉപവിക്കാം അവിടെ മതമോ ജാതിയോ വർഗമോ ഒന്നും തടസ്സമല്ല ഉയരങ്ങളിലേക്ക് നോക്കുമ്പോ കഴുത്തു വേദനിക്കും സമതരപ്പിലാകുമ്പോ തപാൽ ശിബായി വന്നിരിക്കണു ഒന്ന് കാണണോന്ന് ഇങ്ങോട്ട് വരാൻ പറ നമസ്കാരം നമസ്കാരം കുമാര ഒരു മണിയോഡറുണ്ട് മണിയോർഡറോ എനിക്കോ വാർദ്ധക്യ പെൻഷൻ പോലും ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണല്ലോ എഴുതി കൊടുക്കുകയും ചെയ്തു എവിടുന്നാ ഒറ്റപ്പാലത്ത് നിന്നാണ് അയ്യായിരം രൂപ അയ്യായിരം രൂപയോ അത പേരെന്താ പേര് വി എസ് എൻ എന്നേ ഉള്ളൂ ഇതിലൊന്നൊപ്പിട്ട ഒരു കുറിപ്പ് താഴെ എഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ട മുല്ല സതയം ഈ പണം സ്വീകരിച്ചാലും എനിക്ക് മുല്ലയെ കാണണം ഞാൻ വരും സ്വന്തം ഞങ്ങളുടെ താമരക്കുള്ള സ്വന്തം ആക്കിയോ ഇതാര് പാറുവോ എന്റെ പേര് പാർവതി എന്നാണ് അച്ഛൻ വിളിക്കുന്ന പേരാണ് പാറു ആ വിളിയാണല്ലോ ഞാൻ ആദ്യം കേട്ടത് പാറു എനിക്കിഷ്ടാണ് എന്ത് ും കാഷായ വസ്ത്രത്തിലേക്ക് എന്നാ ഇറങ്ങിയത് രണ്ടുമൂന്ന് വർഷം കഴിഞ്ഞു പണ്ടൊന്നും അച്ഛൻ ആത്മീയതയില്ലായിരുന്നു ഇപ്പോ തികഞ്ഞ ഭക്തനാണ് അച്ഛന് എന്തായിരുന്നു ജോലി ഇൻകം ടാക്സ് കമ്മീഷണറായാണ് പിരിഞ്ഞത് ഓ അത് ശരി ഒന്ന് ചോദിക്കട്ടെ ഇതിനു മുമ്പ് ഏതെങ്കിലും പെണ്ണിന്റെ ചിത്രം വരച്ചിട്ടുണ്ടോ പക്ഷേ പ്രകൃതിയുടെ വിവിധ ഭാവങ്ങൾ വരച്ചിട്ടുണ്ട് അങ്ങനെങ്കിൽ എന്റെ ചിത്രമാണ് ആദ്യത്തേത് അതെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന പ്രകൃതമാണ് പറവിന്റേത് സ്വഭാവം കണ്ടപ്പോ അങ്ങനെയാ തോന്നിയത് അകലെ കണ്ടതല്ലേ ഉള്ളൂ അപ്പോഴല്ലേ പൂർണ്ണമായി കാണാൻ പറ്റൂറ്റു വേണ്ട പാറു ജയിക്കണം തീർച്ചയായും ചിത്രം വരയ്ക്കാൻ തുടങ്ങുമ്പോ ഞാൻ മുമ്പിൽ ഇരിക്കണം ജോലിക്ക് പോകണ്ടേ അത് സാരല്ല മൂന്നാലു മാസത്തെ ലീവ് എനിക്ക് ബാക്കിയുണ്ട് അച്ഛനോടൊപ്പം യാത്ര ചെയ്യാൻ മാറ്റിവെച്ചതാ അതിൽ നിന്ന് കുറച്ച് എടുക്കാലോ വേണ്ട അത് വേണ്ട പാറുവിന്റെ സ്കെച്ച് ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട് അതിയോ എവിടെയാ കുറിച്ച് വച്ചിരിക്കുന്നത് ഞാനൊന്ന് കണ്ടോട്ടെ ഹേ അങ്ങനെ പെട്ടെന്ന് എടുത്തു കാണിക്കാൻ പറ്റില്ല എന്തേ ഞാൻ ഭയപ്പെടുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോശമാണെങ്കിൽ പാറുവിന് വിഷമം തോന്നില്ലേ ചിത്രം പൂർത്തിയായിട്ട് കണ്ടാ മതി ആ മൊയ്തൊട്ടിക്കയോട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു മറന്നുപോയോ എന്തോ എന്തായിരുന്നു ഇത് ആ പാറുവിന് പരിചയമില്ലാത്തതാണ് ഇഷ്ടാവോ എന്തോ പറഞ്ഞാലല്ലേ അറിയൂ കടലിൽ കൂന്തൽ എന്ന് പറയുന്നൊരു ജീവിയുണ്ട് മത്സ്യഗണത്തിൽപ്പെട്ടതാണ് അതിന്റെ കഴുത്തിന് താഴെയായി ഒരു സഞ്ചിയുണ്ട് ആ സഞ്ചിയിൽ നീലമഷി കാണാം ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ പടച്ച തമ്പുരാൻ നൽകിയ ആയുധം പാറുവിന്റെ ഈ കണ്ണുകളുടെ കൃഷ്ണമണിയുടെ നിറമാണതിന് ഇന്നലെ ഇളം ചെത്തുകല്ലുകളും ചണയും ചെമ്പരത്തിപ്പൂക്കളും ഇലകളും ോമൂത്രത്തിൽ വെവ്വേറെ അരച്ചു വെച്ചിട്ടുണ്ട് കൂന്തലിന്റെ മഷി കൂടി കിട്ടിയാൽ വര തുടങ്ങാം ഇത്ര മാത്രം ബുദ്ധിമുട്ടണോ ആവശ്യമുള്ള ചായം മാർക്കറ്റിൽ കിട്ടുമല്ലോ ഇഷ്ടം പോലെ പക്ഷേ പാറുവിന്റെ ചിത്രം വരക്കാൻ എനിക്കതൊന്നും പോരാ അച്ഛൻ പെരഞ്ചല്ലൂർക്ക് പോയിരിക്കാതിയെ കാണാൻ ൂട്ടത്തിൽ ജനിച്ച വീടും കാണും സന്ധ്യ കഴിയും വരാൻ പിന്നെ ഒരു സന്തോഷ വാർത്ത അച്ഛൻ കാത്തിബിന് ഒരു ജോലി ശരിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പബ്ലിഷിംഗ് കമ്പനിയിലാണ് എഡിറ്ററായി നല്ല പൊസിഷനാ അതെ ബസ് വരാറായി ഞാൻ പോട്ടെ വൈകുന്നേരം നേരത്തെ കാണാം സ്വന്തം ജീവിതത്തെ എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഗ്രാമർ പശു അക്ഷരത്തിറ്റുകളും അദ്ദേഹം എന്തിനായിരിക്കും പെരിഞ്ചിലൂർക്ക് പോയത് ഉപ്പ് ചിയ കണ്ണനാണോ അതിനാണോ വിലാസം ചോദിച്ചത് ഒരു ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് എന്റെ ഭാരം ഇറക്കി വെക്കാൻ സാധിക്കില്ല കഴുത്തോളം മുങ്ങിയിരിക്കുന്നു ഞാൻ ഒരെഴുത്തുപലകിയിൽ അഭയം തേടിയിട്ട് എനിക്ക് നിവർന്നു നിൽക്കാൻ കഴിയില്ല പാറു നിന്റെ ചിത്രം പൂർത്തിയായാൽ ഈ ലോകത്തുനിന്ന് തന്നെ ഞാൻ യാത്ര പറയും എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി കണ്ടതായി ഓർക്കുന്നില്ല പ്രായം എഴുപത്തിയഞ്ചു കഴിഞ്ഞിട്ടും കാഴ്ചക്ക് കൊഴപ്പമൊന്നുമില്ല ഞാൻ ഞാൻ നിന്റെ കേസാണ് ശങ്കരൻകുട്ടി കിഴക്കേലെത്ത ശങ്കരൻകുട്ടി ശങ്കരനോ എന്റെ കേസോ ഇത്രയും വർഷം ഞാൻ എവിടായിരുന്നോ പറയാഷായ വസ്ത്രം നിന്റെ താടി നെറ്റിയിൽ ആവശ്യത്തിൽ കൂടുതൽ ഭസ്മം കഴുത്തിൽ രുദ്രാക്ഷകൾ എനിക്കെന്തോ വിശ്വസിക്കാൻ കഴിയുന്നില്ല ശങ്കരാ എന്റെ നിസ്കാരത്തുഴമ്പുള്ള നെറ്റി ഭസ്മം തേച്ച് കുറിയിട്ട നിന്റെ നെറ്റിയോട് ഞാനൊന്ന് ചേർത്ത് വെക്കട്ടേടോ ഏ ജീവിതത്തിൽ നിന്റെ കാടും നിരീച്ചിട്ടേ ഇല്ല ജോലി സംബന്ധമായ യാത്രയിലായിരുന്നു റിട്ടയർഡ് ആയതിനു ശേഷം ഒറ്റപ്പാലത്ത് സ്ഥിരം താമസമാക്കി പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു യശോദയുടെ ഒറ്റപ്പാലത്തുള്ള തറവാട് വളരെ വലുതാ ഒരുപാട് മുറികളുണ്ട് കണ്ണത്താ ദൂരത്ത് വയലും പറമ്പും ഉണ്ടവിടെ നമുക്ക് കുടുംബസമേതം അങ്ങട്ട് മാറിക്കൂടെ ജീവിക്കാനുള്ള വകകളൊക്കെ തന്നെ കിട്ടും ആരും അവകാശം പറഞ്ഞു വരാനില്ല പൂജാമുറിക്ക് തൊട്ട് തന്നെ നമുക്ക് ഒരു നിസ്കാരമുറി കൂടി ഉണ്ടാക്കാം നമ്മൾ ഒരു തറവാട്ടുകാരല്ലടോ എന്റെ കുടുംബത്തിലെ കുഞ്ഞമ്മ ആമിനിയായിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചു ഒരു വീട്ടിൽ താമസിക്കേണ്ടവരായിരുന്നില്ലേ മുല്ലയുടെ അവസ്ഥ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അല്ല നിക്കട്ടെ ഈ കെ എന്നെ കുറിച്ച് ഇത്രമാത്രം സംസാരിച്ചതാരാ അതെ അതെ കാത്തി കാത്തി അവൻ എന്റെ വീട്ടിലുണ്ട് ഒരു ജോലിയും ശരിയാക്കി വെച്ചിട്ടുണ്ട് ആ ഇനിയുള്ള കാലം സന്തോഷത്തോടു കൂടി നമുക്കൊന്നിച്ച് കഴിയാം നിന്റെ വലിയ മനസ്സിന് ഞാൻ ഞാൻ എന്താ പറയുക മോളെ എന്താ മോളെ എന്താ എന്റെ ചിത്രം പൂർത്തിയാക്കി എന്റെ ബെഡ്റൂമിൽ വെച്ചിട്ട് അതിന്റെ കൂടെ ഒരു കുറിപ്പും ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല ആ രൂപത്തിന് വ്യക്തതയുണ്ടായത് അച്ഛനുമായി പരിചയപ്പെട്ടപ്പോഴായിരുന്നു പാർവിന്റെ ചിത്രം ഞാൻ ആദ്യം വരച്ചത് എന്റെ ഹൃദയത്തിലായിരുന്നു പിന്നീടാണ് ക്യാൻവാസിൽ പകർത്തിയത് എന്റെ ചിത്രരചന ഇഷ്ടാവോ എന്തോ ൾക്ക് പിടിച്ചു നിൽക്കാൻ ഇനിയും എനിക്ക് ശക്തിയില്ല കുടുംബഭാരം ചുമന്ന് എനിക്കിങ്ങനെ ജീവിതയാത്ര നടത്താൻ വയ്യ ഞാൻ പോകുന്നു തിരിച്ചു വരാ അത്തയിടത്തേക്ക് ഇങ്ങോട്ട് വരാ ആ ഒരാള് കാറിന്ന് ഇറങ്ങിട്ടുണ്ട് മലയാളിയല്ലാന്ന് തോന്നണ് വല്യ ജൊബിയും അയഞ്ഞ പൈജാമയും വല്യ താടിയും തലയിൽ ഒരു തൊപ്പിയും കറുത്ത കണ്ണടിയും ഓ രാജാന ഭാവു ഇബിലിസാണിച്ചോനേനി ദേ അയാള് ചുറ്റും നോക്കണുണ്ട് ഇങ്ങട്ടെ ഇങ്ങട്ടെ കുട്ടികളോട് പൊറത്തോട്ട് ഇറങ്ങണ്ടെന്ന് പറയട്ടെ ഞാൻ അസ്സാം വലൈക്കും വാലിക്കു അസലാം കാത്തിന്റെ ബാപ്പയല്ലേ അതെ കാത്തിന്റെ അടുത്ത ചങ്ങായാ ഞമ്മള് ഓൻ ചില കാര്യങ്ങൾ ചെയ്യാ ഏൽപ്പിച്ചിരിക്കണ എന്താ കാര്യം ഓന രണ്ട് പെങ്ങന്മാരുണ്ടല്ല രണ്ടല്ല മൂന്ന് പോയതിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലാ ഇപ്പം ബാക്കിയിരിക്കുന്നത് രണ്ടല്ലേ ഓരോ നിക്കാഹ് കഴിപ്പിക്കണം അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിരിക്കണേ മുല്ലാജലാനി ഒന്ന് കൈ കൊടുത്താ മാത്രം മതി ആണല്ലോ ഇസ്ലാമിന്റെ നിയമം നിങ്ങള് ജീവിച്ചിരിപ്പില്ലെങ്കി കാത്തിന്റെ കൈ മതിയായിരുന്നു അല്ല നിങ്ങളാര എവിടെന്ന് വരുന്നു പറഞ്ഞില്ലേ ഒരു ചങ്ങായി എന്റെ കാത്തി അയാൾക്ക് അടുത്തൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റൂല അതാ ഞമ്മള് വന്നേ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തോട്ടെ ആ മുഖത്ത് കാണിക്കല്ലേ അങ്ങനെ തന്നെ മതി മതി മതി മതി റേഷീസിൽ ഇതിന്റെ ആവശ്യം വരും ആ എനിക്കൊന്നും മനസ്സിലാവണില്ല അത്ര കൂടുതലൊന്നും മനസ്സിലാക്കാനില്ല മക്കളുടെ നിക്കാഹ് നടത്തുന്നു ഈ ചെറ്റപ്പൊറിയിൽ നിന്ന് പഴയൊരു ഇല്ലത്തേക്ക് താമസം മാറ്റുന്നു വട്ട ചെലവിനായി കുറച്ച് പണം തരുന്നു തീർന്നു മഹലിലെ കത്തിയും ഇവിടെ വരും നല്ല മനസ്സോടെ ധൈര്യായി നിക്കാഞ്ഞത് കൊടുക്ക് ആഘോഷം ഒന്നും ഇപ്പൊ വേണ്ട പിന്നെ മാറി താമസിക്കാനുള്ള ഒരുക്കം കൂട്ടിക്കോളി പറഞ്ഞില്ലാന്ന് വേണ്ട നിങ്ങൾ താമസം മാറിപ്പോണത് കിഴക്കേ ഇല്ലത്തേക്കാ മുല്ലയുടെ അരുമ സ്നേഹിതൻ കെ ഭൂമി ഒരു പാമ്പരം പോലെയല്ലേ മുല്ല മത തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ സൂത്രധാരൻ കേരളത്തിൽ കുറഞ്ഞ കാലം കൊണ്ട് കുപ്രസിദ്ധനായ തീവ്രവാദി നേതാവ് മലയാളിയാണെന്ന് സൂചനവാദത്തിന്റെ സൂത്രധാരൻ കേരളത്തിൽ അസ്സാം വലൈക്കും ഹബീബി എന്താ സലാഞ്ചൊല്ലിയിട്ട് മടക്കാതിരുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നിങ്ങൾ അർഹനല്ലാത്തത് കൊണ്ട് തന്നെ അത്ര വലിയ പാപം ചെയ്തിരിക്കണേ നമ്മള് കടലിൽ മരണത്തോട് മല്ലടിക്കുന്ന കൊടുംതിരകളിലേക്ക് ചാടി രക്ഷപ്പെടുത്തിയതോ പാപം ഒരു നേരത്തെ ഒജീനു പോലും വകയില്ലാത്ത കാത്തിനെ കോടീശ്വരനാക്കിയതാണോ മഹാപാപം ഇന്ന് നിങ്ങളുടെ വില എത്ര കോടിയാണെന്നറിയോ എത്ര കോടി ഉണ്ടായാലും ഞാൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയോ ഇല്ല മനസമാധാനം അത് എത്ര കോടി കൊടുത്താലും കിട്ടില്ല ഞാനിപ്പോൾ കരയിൽ പിടിച്ചിട്ട മത്സ്യത്തെ പോലെയാ അതൊന്നും കാര്യമാക്കണ്ട നാം ചെയ്യാൻ പോകുന്ന പുതിയ ഓപ്പറേഷൻ വിജയിച്ചാൽ നിങ്ങൾ ആരാണ് നമ്മുടെ നാട്ടിലെ പത്ത് കോടീശ്വരന്മാരിൽ ഒരാൾ നാട് ഞെട്ടണം ഞെട്ടിവിറക്കണം പിന്നെ തെറ്റ് പണം എല്ലാ ഇല്ലാതാക്കും ഈ ഓപ്പറേഷൻ ഞാൻ നടത്തില്ല ചെയ്തുപോയ എല്ലാ തെറ്റുകൾക്കും മാപ്പു തരാൻ ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം മനസ്സിലാക്കിക്കോ നാം തീരുമാനിച്ചതൊക്കെ നടക്കും ഇതിൽ കാത്തി വിടപെട്ടില്ലെങ്കിലും നിങ്ങളുടെ പേരിൽ തന്നെയായിരിക്കും ഇതറിയപ്പെടുക കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയാത്ത യുവാക്കൾ ചാവേറുകളായി പണം സമ്പാദിക്കാൻ തയ്യാറാണ് അവർ ഓരോ സ്ഥലത്തും എത്തിക്കഴിഞ്ഞു പിന്നെ നിങ്ങളിതിൽ നിന്നൊഴിഞ്ഞു നിന്നാൽ ഞാൻ മുഴുവനും പറയുന്നില്ല അതുകൊണ്ട് ചീത്ത ചിന്തകളഞ്ഞ് തൊഴിലിനോട് കൂറുകാണിക്ക് ാഹുവിന്റെ അനുഗ്രഹമുണ്ടാവട്ടെ ഓനാണല്ലോ എല്ലാം നിശ്ചയിക്കുന്നത് നമ്മളൊക്കെ വെറും ആയുധമല്ലേ അമ്പത് പേർ കയറിയ തീർത്ഥാടക സംഘത്തിന്റെ ലക്ഷൊരു ബസ്സായിരുന്നു നിങ്ങൾ ചാവേരകൾ ഉപയോഗിച്ച് കളഞ്ഞത് ആ ബസ്സിൽ വൃദ്ധന്മാരും യുവാക്കളും സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു ആരും രക്ഷപ്പെട്ടില്ല അതോടൊപ്പം പത്തു പേരുടെ ശവശരീരം കത്തിച്ചാമ്പലായിരുന്നു ആരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അടുത്ത കാലത്താണ് ഡി എൻ എ പരിശോധന പ്രകാരം അവരാരൊക്കെയാണ് കേൾക്കണോ കേൾക്കണോ അവരുടെ പേരുകൾ പറയൂ പറയൂ സൂപ്രൺ നിങ്ങളുടെ ഉപ്പച്ചിയും ഉമ്മച്ചിയും ഒറ്റപ്പാലത്തെ ശങ്കരൻ തിരുവേനിയും അദ്ദേഹത്തിന്റെ മകളും മാധ്യമപ്രവർത്തകയുമായ പാർവതി രചന ഇബ്രാഹിം വേങ്ങര സംവിധാനം പി വി പ്രശാന്ത് കുമാർ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും കാത്തി സുധി കല്യാശ്ശേരി മുല്ല രാധൻ കണ്ണപുരം തിരുമേനി ബാലകൃഷ്ണൻ പാപ്പനശ്ശേരി ഉസ്താദ് പ്രഭൻ പൊടിക്കൊണ്ട് തീവ്രവാദ നേതാവ് ഷജിൽ കുമാർ ചെക്കിക്കോളം ടി ആർ സുനിൽ കാവുംഭാഗം മൊയ്തു ബാലമുരളി ചെറുക്കൽ സാറ രചിത മധു പാർവതി വിനീത